അള്ളാഹുസുബ് ഹാനഹുവ ചായാല നിങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പിന്നീട് ഒരു ബീജത്തുമ്പിൽ നിന്നും പിന്നീട് നിങ്ങളെ അവൻ ജോഡികളാക്കി അവൻറെ അറിവില്ലാതെ ഒരു പെണ്ണും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ഇല്ല ആയുസ് വർദ്ധിപ്പിക്കപ്പെട്ടവന്റെ ആയുസും കുറയ്ക്കപ്പെട്ടവൻറെ ആയുസും ഒരു രേഖയിലുണ്ട് തീർച്ചയായും അത് അള്ളാഹുസുബ് ഹാനഹുവ ചായാലയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്